ചേഞ്ച് വരികയില്ല ടൈവായിട്ട് എടുക്കുമ്പോൾ ചേഞ്ച് വരാം ദുഃഖുകളെ ആശ്രയിച്ച് പിന്നെ ഭൂമിയുടെ വെലാസിറ്റിയെ ആശ്രയിച്ചും ഭൂമിയുടെ ഷേപ്പിന് ആകൃതിയെ അനുസരിച്ചുമെല്ലാം വരാം അതുകൊണ്ട് നമ്മൾ എല്ലാ നക്ഷത്രങ്ങളെയും ആംഗുലർ ഡിസ്റ്റൻസിലാണ് എടുക്കുന്നത് പന്ത്രണ്ട് രാശികളുണ്ട് മേടം മുതൽ മേഡം മുതലാണ് കണക്കാക്കുന്നത് മേടം മുതൽ മീനം വരെ പന്ത്രണ്ട് രാശികൾ അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പുതിയ ആളുകൾക്കും അറിയാം അറിയാമല്ലോ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം റശ്യം ധനു മകരം മീനം മീനം അതുവരെ ഉള്ളത് ഈ ഓരോ രാശികളുടെയും അതായത് മുന്നൂറ്റി അറുപതിനെ പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നിനും മുപ്പത് ഡിഗ്രി വീതം വരും മുപ്പത് ഡിഗ്രി ആങ്കുലർ ഡിസ്റ്റൻസ് വരെ ഈ ഓരോ രാശിയിലും ചന്ദ്രൻ കടക്കാൻ പോകുന്നതിന് രണ്ടേകാൽ ദിവസമാണ് രണ്ടേകാൽ നക്ഷത്രം കൊണ്ടേ ഒരു രാശിയിൽ നിന്ന് മേടത്തിൽ നിന്ന് മീന ഇടത്തിലേക്ക് ചന്ദ്രൻ കടക്കുകയുള്ളു ഈ രണ്ടേകാൽ നക്ഷത്രം എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രിന്ന് പറയുന്നത് പതിമൂന്ന് ഇരുപത് വീതം രണ്ട് പ്രാവശ്യവും പിന്നെ ഒരു കാൽഭാഗവും അങ്ങനെ ഒൻപത് നക്ഷത്ര പാദങ്ങൾ ഓരോ നക്ഷത്രങ്ങൾക്കും ഒൻപത് പാദങ്ങളുണ്ട് ഒൻപത് നക്ഷത്ര പാദങ്ങൾ ഈ ഒൻപത് പാദവും നാഴികയിലാണെങ്കിൽ അറുപത് നാഴിക ഒരു നക്ഷത്രത്തിനുണ്ടെങ്കിൽ ഒരു പാദമെന്ന് പറയുന്നത് പതിനഞ്ച് നാഴികയാണ് ഈ നക്ഷത്രങ്ങൾ ഒരു രാശിയിൽ നിന്ന് വേറൊരു രാശിയിലേക്ക് ചന്ദ്രൻ വരണമെങ്കിൽ ഈ നക്ഷത്രങ്ങളിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഈ നക്ഷത്രങ്ങളെല്ലാം ഫിക്സഡായിട്ട് ഈ രാശിചക്രത്തിൽ മേടം മുതൽ മീനം വരെയുള്ള രാശിചക്രത്തില് പതിച്ചുവച്ചിരിക്കുകയാണ് അശ്വതി ഭരണി കാർത്തിക എന്ന് പറയുന്ന എല്ലാ നക്ഷത്രങ്ങൾക്കും ഓരോ രൂപമുണ്ട് ഓരോ സംഖ്യ ഉണ്ട് അത് താഴോട്ട് നോക്കുന്നു മേലോട്ട് നോക്കുന്നു എന്നുള്ളതുണ്ട് പിന്നെ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതുണ്ട് രാക്ഷസനാണോ ദേവനാണോ മനുഷ്യനാണോ എന്നുണ്ട് ഇതിനെല്ലാം ഓരോ സ്വഭാവങ്ങളുണ്ട് ഈ സ്വഭാവം നക്ഷത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നക്ഷത്രത്തിൽ ജനിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവം ഇരിക്കും കുറേയെങ്കിലും അതുകൊണ്ട് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് നക്ഷത്രങ്ങളെയും രാശികളെയും ആ രാശികളിൽ കൂടെ സഞ്ചരിക്കുന്ന മറ്റ് ഗ്രഹങ്ങളെയുമാണ് അപ്പോൾ അശ്വതി മുതൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് എല്ലാം കൂടെ നൂറ്റിയെട്ട് നക്ഷത്ര പാദങ്ങളുണ്ട് നൂറ്റിയെട്ട് നക്ഷത്ര പാദങ്ങൾ ഈ രാശിചക്രത്തിൽ ഫിക്സ് അങ്ങ് ഒട്ടിച്ച് ഓരോ പാദത്തിലും ജനിക്കുന്ന ആളുകളെ നൂറ്റി അൻപത് വിധത്തിൽ വിഘടിച്ച് ആണ് നാഡീശാസ്ത്രം എന്ന് പറഞ്ഞ് ഏടെടുക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഏട്ടിട്ട് ഓ ഓരോ നക്ഷത്ര പാദത്തിനേയും നൂറ്റി അൻപതായിട്ട് ഡിവൈഡ് ചെയ്തത് ഓരോന്നിലും ജനിക്കുന്ന ആളുകളുടെ സ്വഭാവമാണ് പല മലകളിലൊക്കെ എഴുതി വച്ചിട്ടുള്ള അർത്ഥം അതിന് ഓരോ നാടിക്കും ഓരോ പേരുമുണ്ട് അങ്ങനെ ഒൻപത് നക്ഷത്രപാദങ്ങൾ വീതം പന്ത്രണ്ട് രാശികളിൽ നൂറ്റിയെട്ട് നക്ഷത്രപാദങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഹോരയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രന്ഥത്തിൽ ഒരു ചെറിയ ഗ്രന്ഥമുണ്ട് ഇത്രയേ ഉള്ളൂ പക്ഷേ അത് പഠിച്ച് തീരണമെങ്കിൽ കംപ്ലീറ്റ് പഠിച്ച് തീരണമെങ്കിൽ ഒരു ആയുസ് വേണം മേഷ അശ്വി പ്രഥമ മേഷമെന്നു പറഞ്ഞാൽ മേടൻ രാശി അശ്വി എന്ന് പറഞ്ഞാൽ അശ്വതി നക്ഷത്രം പ്രഥമം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് മേഷ അശ്വി പ്രഥമ നവ ഋക്ഷ ചരണ നവം എന്ന് പറഞ്ഞാൽ ഒൻപത് ഋക്ഷം എന്നു പറഞ്ഞാൽ നക്ഷത്രം ചരണമെന്ന് പറഞ്ഞാൽ പാദം അപ്പോൾ ഒമ്പത് നക്ഷത്രം വീതം ഉള്ള അശ്വതി മുതൽ തുടങ്ങുന്നത് അശ്വതിയുടെ ഒന്നാം പാദം മുതൽ തുടങ്ങുന്ന ഋക്ഷം എന്ന് പറഞ്ഞാൽ രാശി എന്നും കൂടെ അർത്ഥമുണ്ട് രാശിചക്രം എന്നും അർത്ഥമുണ്ട് നവ ഋക്ഷചരണ ചക്രസ്ഥിതവോ രാശയോ നൂറ്റിയെട്ട് നക്ഷത്ര പാദ പാദങ്ങളുള്ള ഒരു ചക്രമാണ് അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ ഈ സൈക്കിളിൻ്റെ സ്പോക്സ് പോലെ നൂറ്റിയെട്ടെണ്ണം ഉണ്ട് നൂറ്റിയെട്ട് കമ്പികൾ ഇങ്ങനെ ഓരോ നക്ഷത്രവാദങ്ങൾക്ക് ഓരോ നിവിധം അപ്പോൾ മേഷ അശി പ്രഥമ നവ രുക്ഷചരണ ചക്രസ്ഥിതാരാശയോ ഈ രാശിചക്രത്തിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആ രാശിചക്രം എങ്ങനെ ഇരിക്കും രാശിചക്രത്തിൽ ഓരോ രാശിക്കും ഉള്ള സ്വഭാവം അതിൻ്റെ സ്വരൂപം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് ഈ ശാസ്ത്രത്തിൽ പഠിക്കാം പിന്നെ മനുഷ്യൻ്റെ തല എവിടെയാണ് എന്ന് കാലത്തിനെ ഒരു പുരുഷനാക്കി സങ്കല്പിച്ച്